പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ വിശ്വസിച്ചവരെ എന്റെയും നിങ്ങളുടെയും ശത്രുക്കളെ നിങ്ങൾ മിത്രങ്ങളാക്കരുത് നിങ്ങൾക്കു വന്ന സത്യത്തെ അവർ നിഷേധിച്ചിട്ടും നിങ്ങൾ അവരോട് സ്നേഹം പ്രകടിപ്പിക്കുന്നു നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു സുബഹാനഹുവ ചായാലാവിൽ നിങ്ങൾ വിശ്വസിച്ചു എന്ന കാരണത്താൽ അവർ ദൂതനെയും നിങ്ങളെയും പുറത്താക്കുകയാണ് എന്റെ മാർഗത്തിലുള്ള പോരാട്ടത്തിനും എന്റെ പ്രീതി തേടിയുമാണ് നിങ്ങൾ പുറപ്പെട്ടതെങ്കിൽ നിങ്ങൾ അവരോട് രഹസ്യമായി സ്നേഹം പ്രകടിപ്പിക്കുന്നു നിങ്ങൾ മറച്ചുവെച്ചതും പരസ്യമാക്കിയതും ഞാൻ നന്നായി അറിയുന്നു നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അവൻ നേരായ വഴിയിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്നു